ആദമിന്റെ മക്കളെ നിങ്ങളിൽ നിന്നു തന്നെ എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്ന നിങ്ങളുടെ അടുക്കൽ വന്നാൽ ആരെങ്കിലും ഭയഭക്തിയോടെ പ്രവർത്തിക്കുകയും സ്വയം സംസ്കരിക്കുകയും ചെയ്താൽ അവർക്ക് ഭയമില്ല അവർ ദുഃഖിക്കുകയുമില്ല